മൂന്നാമത്തെ ശ്ലോകം അരം തിളച്ചു പൊങ്ങും ആടലാഴി നീന്തി ഏറി ആ അരം രാഗദ്വേഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന കടുത്ത നാശം രാഗമുണ്ടായാൽ സർവ നശിപ്പിക്കും ഒറ്റ പ്രാർത്ഥനയെ വേണ്ടു എനിക്ക് ഒന്നിനോടും രാഗമുണ്ടാവരുത് രാഗമുണ്ടാകാത്ത ഒരുവന് ഒന്നിനോടും ദ്വേഷം ഉണ്ടാവില്ല ദ്വേഷം രാഗത്തിൻ്റെ സന്തതിയാണ് ദ്വേഷം രാഗത്തിൻ്റെ കുഞ്ഞാണ് അതുകൊണ്ട് യാതൊരു രാഗവും എനിക്കുണ്ടാകരുത് അതുകൊണ്ടുണ്ടാകുന്ന സർവനാശം തിളച്ചു സദാ ബാധിച്ചു തിളച്ചു മറിയുന്ന എനിക്കൊരു ചരിത്രമുണ്ട് ഭയം ക്രോധം സംഭ്രമം വിശുദ്ധി സത്യം അസത്യം ഹിംസ അഹിംസ ഈ ദ്വന്ദ്വങ്ങളെല്ലാം എൻ്റെ ചരിത്രമാണ് ഈ ചരിത്രങ്ങളെല്ലാം അനുഭവിച്ച അനുഭവിക്കുന്ന അനുഭവിക്കേണ്ട ഞാനിനി വേറൊരു ചരിത്രവും കൂടെ പഠിക്കണ്ട ഇതായിരുന്നു ഭാരതീയരുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് വ്യക്തിചരിത്രങ്ങൾക്കും രാഷ്ട്രചരിത്രങ്ങൾക്കും സാമൂഹ്യ ചരിത്രങ്ങൾക്കും അവർ വില നൽകിയില്ല ചരിത്രത്തിലേത് അംശത്തിൽ ഞാൻ എന്നെ കണ്ടുമുട്ടുന്നു ചരിത്രത്തിൻ്റെ ഏതംശത്തിൽ എൻ്റെ ജാതിയെ കണ്ടുമുട്ടുന്നു എൻ്റെ മതത്തെ കണ്ടുമുട്ടുന്നു അതെൻ്റെ അടുത്തിരിക്കുന്നവനോട് രാഗമോ ദ്വേഷമോ ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിക്കും സംഭവിച്ച സംഭവങ്ങളൊന്നുമല്ല ഇപ്പോഴുള്ള എൻ്റെ ബോധമാണ് എൻ്റെ രാഗദ്വേഷത്തിന് കാരണം ഇന്ന് രാവിലെ ഒരു ചരിത്ര പുസ്തകത്തിൽ നിന്ന് ഏതോ ഒരു കാലത്ത് ഏതോ ഒരു മനുഷ്യൻ ഏതോ ഒരാളെ പീഡിപ്പിച്ചു എന്നെഴുതിയിരിക്കുന്നതിൽ പീഡിപ്പിക്കപ്പെട്ടത് എൻ്റെ ഒരു മുത്തച്ഛനാണെങ്കിൽ എൻ്റെ ഒരു ജാതിയാണെങ്കിൽ എൻ്റെ ഒരു മതമോ എൻ്റെ രാജ്യത്തുള്ളവനോ ആണെങ്കിൽ അത് വായിച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഓഫീസിലെത്തുമ്പോൾ എനിക്ക് സർവഥാ ഉപകാരിയായ സർവത്ര എന്നെ സഹായിക്കുന്നവനായ അവനോട് സൂക്ഷ്മമായി എനിക്കൊരു ശത്രുതയുണ്ടാവും വിദ്യാഭ്യാസം ഭരണാധികാരികൾ മതങ്ങൾ ജാതികൾ എല്ലാം മനുഷ്യനിൽ ഉണ്ടാക്കുന്നത് ഈ വക്രത മാത്രമാണ് ഇങ്ങനെ നിരന്തരമായ രാഗവും ദ്വേഷവുമാണ് എൻ്റെ ചരിത്രം അതുകൊണ്ട് കിട്ടുന്നതോ സർവനാശവും അത് സദാ ബാധിച്ച് തിളച്ചു മറിയുന്ന ആഴിയാണ് എൻ്റെ ദുഃഖം ആടലാഴി ദുഃഖമയമായ ഈ സംസാര സമുദ്രം ആടലാഴി എവിടുന്നാ ദുഃഖം ഉണ്ടാകുന്നത് സ്മൃതികളിൽ നിന്ന് വിഷയ ധ്യാനത്തിൽ നിന്ന് ഇല്ലാതെ ദുഃഖമില്ല ഒരു രാഗമില്ലാതെ ജീവിച്ചു നോക്കിയാൽ ഒരു ദുഃഖം ഉണ്ടാവില്ല എന്ന് ബോധ്യമാവും ഭാവനയിൽ നിങ്ങൾക്ക് കാണാമെങ്കിൽ ഇപ്പം ബോധ്യമാവും ഇറങ്ങുമ്പോൾ മറന്നുപോയാലും ശരിയാണല്ലോ എനിക്ക് അവനോട് രാഗം തോന്നി അതിൽ അവൻ അങ്ങനെ പെരുമാറിയില്ല ദുഃഖായി മകനെ വിളിച്ച് ഇന്നത് കൊണ്ടുവരാൻ പറഞ്ഞു അവനിപ്പോൾ സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞു ദുഃഖമായി നീ എൻ്റെ മകനല്ല ചൂടൈ ഭർത്താവിനോട് പറഞ്ഞു നേരത്തെ വരണം സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞു അയാൾ നേരത്തെ വന്നില്ല വേറെ എവിടെയൊക്കെ ഇറങ്ങി അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ കൂട്ടുകാരനടുത്തം പറഞ്ഞു ഓഫീസിൽ നിന്നൊരു സ്ത്രീയെയും കൂട്ടി വൈകാൻ പോകുന്ന കണ്ടു എന്ന് പറഞ്ഞു സംഗതി വളരെ ഓളമായി അവിടെ ഓഫീസിൽ വന്നത് അവൻ്റെ സഹോദരി തന്നെയാണ് അവിടെയും കൂട്ടിപ്പോയതായാൽ പോലും സംഗതിദ്വേഷമായി ഇനി അത് ഓരോ തവണ എടുത്തു പറയുമ്പോഴും നിങ്ങളൊരു കുട്ടിയെ കൊണ്ട് പോയിന്നേ പറയുള്ളു സഹോദരി എന്നുള്ളത് അവനാണയിട്ട് പറഞ്ഞാലും സഹോദരി തന്നെ വന്ന് പറഞ്ഞാലും ആയിരിക്കാം പക്ഷേ ഹിസ്റ്ററിയിൽ ഇങ്ങനെ കയറുക ഇത്തരം ഹിസ്റ്ററികളാണ് എല്ലാവർക്കും ഉള്ളത് നമ്മുടെ ബോധത്തിൻ്റെ സ്റ്റോറി അല്ലേ അതാണല്ലോ ഹിസ് സ്റ്റോറി അത് നമ്മുടെ ബോധത്തിൻ്റെ ചരിത്രമാണ് അത് രാഗദ്വേഷമയമാണ് ദുഃഖമയമാണ് അത് നീന്തി അക്കരെ മിടുക്കന്മാരിന്ന് നീന്തി സംസാര സമുദ്രം തരണം ചെയ്യാൻ വിഷയം ഉപയോഗിക്കാൻ പഠിക്കണം വിഷയം കൊണ്ടും പ്രയോജനമുണ്ട് നല്ല മാനേജ്മെൻറ്റ് ട്രെയിനുകളുണ്ട് അവർ ഈ സംസാരം തരണം ചെയ്യുന്നത് വിഷയം ഉപയോഗിച്ചാണ് ഒരു പെൺകുട്ടിയെ തൻ്റെ ആടിനെ ചെറുത ചെറുതാക്കി മുറിച്ച് ഒരു കൊട്ടയിലാക്കി എന്നിട്ട് അവളെ നദിയുടെ കരയ്ക്ക് വന്നപ്പം മുതലകളാകിടക്കുന്നത് അവളതിന്നൊരു കഷ്ണം ഇങ്ങനെ പൊക്കി കാണിച്ചു ഒരു കഷ്ണം ഇറച്ചി മുതല വായു വെള്ള കൂറാൻ തുടങ്ങിയപ്പോൾ ഇവള് വലിച്ചൊരേറി വെച്ച് കൊടുത്തു എല്ലാ മുതലെയും കൂടെ പോയി അതിൻ്റെ പുറകെ അപ്പോൾ അവൾ കുറച്ച് നീന്തി ഒരു മുതല ആ മാംസത്തിൽ പിടിച്ച് കഴിച്ചപ്പോൾ അതെല്ലാം കൂടെ ഇവളെ പിടിക്കാനായിട്ട് ഇങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി അവൾ അടുത്ത കഷ്ണം വലിച്ചെറിഞ്ഞു അതെല്ലാം കൂടെ പോയി അപ്പോൾ അവൾ കുറേ കൂടെ നീന്തി കൊട്ടയിലെ കഷ്ണം തീരുന്നതിന് മുമ്പ് അവൾ അക്കരെ കയറി സ്ഥലം വിടുകയും ചെയ്തു ഈ എൻ്റെ ബോധത്തിൽ അങ്കുരിച്ചിരിക്കുന്നത് എനിക്കിതിനടക്കാൻ വേണ്ടി മാത്രമാണ് ഇതിൽ ഞാൻ ആ മുതലയെപ്പോലെ കൂപ്പുരുത്താൻ വേണ്ടിയല്ല സാമർഥ്യമുള്ളവൻ അവൻ്റെ കയ്യിലിരിക്കുന്ന വിഷയവസ്തുക്കളെ അതിലാഗ്രഹിച്ചു വരുന്ന മുതലകൾക്ക് വലിച്ചെറിഞ്ഞുകൊടുത്ത് അവയുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെടും ഇവിടെ ഭാര്യയും മക്കളും പരിചയക്കാരും ഭക്തന്മാരും സെക്രട്ടറിയും പ്രസിഡൻറ്റും ഖജാഞ്ചിയും ചുറ്റുപാടും എല്ലാം ഈ ഓരോ മുതലെയാണ് ഇതിന് കൊടുക്കാൻ കയ്യിൽ കഷണം വേണം അക്കരെ എത്തണമെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ദിവസം ഇത് നിങ്ങളെ സാപ്പിടും നല്ല സാമർഥ്യം വേണം നല്ല സാധകൻ ഈ സാമർഥ്യം ഉണ്ടാവും അവനറിയാം ഓരോ മുതലയ്ക്കും രുചിക്കുന്ന സാധനം അറിയാം അവനിത് കൊട്ടയ്ക്കകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പഴയ അമ്മമാരെ നോക്കിയാൽ മതി കൊച്ചുകുട്ടിക്കുള്ള ആഹാരം മുതിർന്നവർക്കുള്ള ആഹാരം ഒക്കെ ഓരോന്നിനും രുചിക്കുന്ന ആഹാരം ഉണ്ടാക്കി വെച്ച് ആ ഓരോരുത്തരും അമ്മ ഇഷ്ടപ്പെടുന്ന പരുവത്തിലാണ് പോയിരുന്നത് അപ്പോൾ അതിലൊന്നുപോലും അമ്മ പിടിച്ചു തന്നെയല്ല വയസ്സുകാലത്ത് സംരക്ഷിക്കുകയും ചെയ്യും ഇന്ന് ഇതിനെല്ലാത്തിനും കൂടി ഒരെണ്ണം വെച്ച് കൊടുക്കും എടുത്തുകൊണ്ടിടക്കാനൊരു വേലക്കാരിയോടും പറയും വയസ്സാവുമ്പോൾ നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കാൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് എത്തിക്കും നിങ്ങൾ കൊടുത്തതാണ് വാങ്ങിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് രസമാണ് ഈ സംസാരം ആർക്ക് ആർക്ക് വിവരമുള്ളവന് അതില്ലാത്തവൻ ഈ സംസാരം ആകെ ദുഃഖമയമാണ് അപ്പൊ വളരെ സമർത്ഥന്മാരായ ചിലര് ദുഃഖമയമായി സംസാരം നീന്തി അക്കരയെത്തും അക്കര കടന്നാൽ മറുകരയെത്തിയപ്പോൾ അഴിഞ്ഞൊഴിഞ്ഞ് നിന്ന നീ കണ്ടുപോത് അഴിഞ്ഞ് ഒഴിഞ്ഞ് നിന്ന നീ സംസാരമെല്ലാം പോയി മുക്തനായി നിൽക്കുന്ന നിന്നെയാണ് അവിടെ കണ്ടത് ഒരു സമർത്ഥൻ ഈ സംസാരക്കടൽ നീന്തി അക്കര എത്തിയാൽ അവിടെ സമർഥനായ അവനെ സ്വീകരിക്കാൻ സദാശിവൻ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കാരണം അവനീ സംസാരമൊക്കെ വെടിഞ്ഞിട്ടായില്ലെന്നേ മുക്തനായി നിൽക്കുന്ന നിന്നെയാണ് ഞാൻ കണ്ടത് അതാകട്ടെ ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന ചുറ്റും സർവത്ര വ്യാപിച്ച് വ്യക്തമാക്കുന്ന ചുരത്തുന്ന എന്നൊരർത്ഥവും കൂടെ വ്യക്തമാക്കുക പാൽ ചുരത്തി നിൽക്കുന്ന പോലെ പ്രകാശം ചുരന്ന് നിൽക്കുന്ന ചുറ്റും സർവത്ര വ്യാപിച്ച് വ്യക്തമാവുന്ന സൂക്തി കണ്ട് കണ്ട് ആ സദാശിവനിൽ നിന്ന് വ്യക്തമാകുന്ന സൂക്തി വിജ്ഞാനം കണ്ട് അനുഭവിച്ചറിഞ്ഞ് എൻ മുടിക്കു ചൂടും ഈശനെ ഞാൻ സർവത്ര തലകുനിച്ചു വണങ്ങുന്ന ഭഗവാനെ ഇരന്നു നിന്നിടുന്നു ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ച് നിലകൊള്ളുന്നു ഇരക്കുക യാചിക്കുക പ്രാർത്ഥിക്കുക ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ ഇരപ്പാളിയാണെന്ന് ഞാനീ നദിക്ക് അക്കരെ നിന്നപ്പോൾ ഞാൻ അതിൻ്റെ ഉടമ ഇതിൻ്റെ ഉടമ മറ്റതിൻ്റെ ഉടമ അതിൻ്റെ ആൾ ഇതിൻ്റെ ആളൊക്കെയായിരുന്നു എൻ്റെ അഭിമാനം ഉണ്ടായിരുന്നു ഈ സംസാര സമുദ്രം അങ്ങ് കിടന്നപ്പോൾ ഞാൻ ഒരു എരപ്പാളിയാണെന്ന് മനസ്സിലായി എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് മനസ്സിലായി അപ്പോഴോ മഹാപ്രഭുവായ നിന്നെ കണ്ടു നിന്നോടിരക്കുക നിന്റെ ആ പ്രകാശത്തിൽ നിന്ന് ആ വിജ്ഞാനത്തിൽ നിന്ന് ആ ആനന്ദത്തിൽ നിന്ന് അൽപ്പം കിട്ടാൻ ഇതാണ് അതിനായി ഇരന്നു നിൽക്കുന്നു എന്ന പ്രയോഗം ഗുരുദേവൻ അറിവ് അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം ആത്മോദയ ശതകത്തിൽ പറയുന്നുണ്ട് അറിവിലും ഈ വിഷയങ്ങളാകുന്ന അറിവിലും അതിനുമേൽ അറിഞ്ഞിടുന്നവൻ്റെ ഉരുവിലും ഒത്തു പുറത്തു അപ്പോൾ അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു പുറത്ത് ഇത് മൂന്നിലും എൻ്റെ ബോധം അറിവ് അറിയപ്പെടുന്ന ഞാൻ അന്ധക്കരണാദികൾ കരണേന്ദ്രിയ കളയപരാധികൾ എന്തിനെ അറിയുന്നു ആ വിഷയം പുറത്ത് അതിൽ ഉജ്ജ്വലിക്കുന്ന കരുവിന് സൂത്രാത്മാവിന് ആ സൂത്രാത്മാവിനെ അറിയാൻ തെരുതരെ വീണു വണങ്ങി ഓതിടേണം നമ്രശിരസ്കനായി വിദ്യയെ യാചിച്ച് നിലകൊള്ളുമ്പോൾ പ്രഭുവായിരിക്കുന്ന അവനിൽ നിന്ന് ഇത് കിട്ടുമെന്നാണ് അങ്ങനെയാണ് പാരമ്പര്യത്തിൽപ്പെടുക മുഖ്യതസ്തു മഹത്കൃപ ഏവ ഈശ്വര കൃപാലേശാത് വ നാരദൻ മുഖ്യമായി വേണ്ടത് ഈശ്വരകൃപ അതുതന്നെ മഹത്കൃപ दुर्लभं त्रयमेदत् മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ ശങ്കരൻ അങ്ങനെയായി അറിവ് കിട്ടുന്നത് തദ്വിദ്ധി പ്രണിപാതന പരിപ്രശ്നേന സേവയ ഉപദേശ്യന്തി ജ്ഞാനം ജ്ഞാനിന തദർശന എന്ന് കൃഷ്ണൻ ഇവിടെ രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് പോലെ രണ്ട് ദീപങ്ങൾ ഒന്നിക്കുന്നത് പോലെ മുടിഞ്ഞ ഈ അറിവ് ഉള്ളിലാവൂ എന്ന് ആവിലായിലെ തരേസ നിജയിലെ ഗ്രഗറി ഇവരൊക്കെ ചിന്തിച്ചവരാണ് വാക്കുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതാണ് ഭാവാതീതന്മാരുടെ ലോകം ഇവിടെ ആ ചിത്രമാണ് നമുക്ക് തരുന്നത് ഇവിടെ കിടന്ന് ഉഴന്ന് രാഗദ്വേഷങ്ങളിൽ കെട്ടിമറിഞ്ഞ് ഒരു ദിവസം ഇതിനെയെല്ലാം വിട്ടി സംസാര സമുദ്രം താണ്ടി അക്കരെ എത്തുമ്പോൾ അക്കരെ നീ എന്നെ കാത്തു നിൽക്കുകയാണ് ആ നിന്നെ ഞാൻ വീണു വണങ്ങുന്നു എന്നെ അവിടുന്ന് ഉപദേശിക്കണമേ അവിടുത്തെ എൻ്റെ ശിരോലങ്കാരമാക്കേണമേന്നും അഭിപ്രായമുണ്ട് കാരണം ആ ഇരന്നു നിന്നിടുന്നു എന്നതിൻ്റെ തൊട്ടു മുമ്പ് ഉള്ള പദത്തിൽ ഞാൻ സർവത്ര തലകുനിച്ചു വണങ്ങുന്ന ഭഗവാനെ എന്നർത്ഥം എടുക്കാതെ എൻ മുടിക്ക് ചൂടും ഈശനെ എൻ്റെ മുടിക്ക് ചൂടാരത്നമായി വിളങ്ങുന്ന ഈശനെ അത് അദ്വൈതത്തോട് കുറച്ചുകൂടെ അടുത്തിരിക്കുന്ന പ്രയോഗമാണ് ഞാൻ എൻ്റെ മുടിക്ക് ചൂടുകാണ് അങ്ങയെ എന്ന് പറഞ്ഞാൽ എൻ്റെ ശിരോലങ്കാരം അങ്ങാണ് അത് ഭക്തിയുടെ പാരവശ്യത്തിനപ്പുറമാണ് എനിക്കവിടുന്ന് ശിരാലങ്കാരമാണെന്ന് പറഞ്ഞാൽ എൻ്റെ ശിരസിനെ അലങ്കരിക്കുന്നത് അങ്ങാണ് വാക്കിൽ അങ്ങാണ് കുടികൊള്ളുന്നത് അതുകൊണ്ട് എൻ്റെ വാക്ക് നിർമ്മമമായിരിക്കണം എന്നർത്ഥം ഈശ്വരൻ വാക്കിലിരിക്കുന്നവർ ഒരു മനുഷ്യൻ തന്നെ ഒരുവൻ്റെ വാക്കിനകത്ത് ഇരുന്നാൽ മര്യാദ വരും പക്ഷെ നമ്മുടെയൊക്കെ വാക്കുകളിൽ പലപ്പോഴും പാമ്പും പഴുതാരയും ഒക്കെ ആയിരിക്കാം വരുന്ന കാണാം പൊളച്ച ജനങ്ങൾ കയ്യിൽ വടികിട്ടിയാൽ ആ വാക്കിനെ തല്ലിക്കൊല്ലുന്ന വിധത്തിലാണ് വാക്കിറങ്ങി വരുന്നത് മക്കളോട് അച്ഛനോട് അമ്മയോട് ചുറ്റുപാടുകളോട് ഒക്കെ സംഭാഷണം ചെയ്യുമ്പോൾ നമ്മുടെ വാക്കേതാണ്ട് പാമ്പിൻ്റെയും പഴുതാരയുടെയും ഒക്കെ ആകൃതിയിലാണ് വരുന്നത് ഇരുട്ടത്തൂടെ വാക്ക് പലതും വ്യക്തമായ പ്രകാശത്തിൽ വരുന്ന വാക്കുകൾ അപൂർവമാണ് അതുകൊണ്ട് നിന്നെ എൻ്റെ മുടിക്ക് ചൂടും എന്നു പറഞ്ഞാൽ എൻ്റെ ബോധത്തിൽ നിന്നെ പ്രതിഷ്ഠിക്കും ഇപ്പം എൻ്റെ വാക്കുകളും അതുപോലാകും ഇപ്പം ദേവാസുര സമ്പത്തിയാൽ ദ്വേഷിക്ക് സദാ നാശം ബാധിച്ച് കലങ്ങി മറിയുന്ന ഇപ്പോൾ ദ്വേഷം മനസ്സ് കലങ്ങി മറിയും അരം ആ അരം തിളച്ചു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കാരണമായ വിഷയം മാറ്റിവെച്ചാലും രോഷം തീരല്ല നമുക്ക് ദേഷ്യം വന്നവൻ പോയി എന്നാലും അടുത്തവനോടുള്ള വാക്കിലും അതിൻ്റെ ഒരു നുരയും പതയുമൊക്കെ നിൽക്കും ഇത് രാവിലെ ഫോണെടുക്കുമ്പോഴൊക്കെ അറിയാം ആളുകൾ അവർ വേറെ ആരോടുള്ള ദേഷ്യമൊക്കെ ഈ ഫോണിനകത്ത് ഹലോ വിളിയിൽ വരെ ഉണ്ടാവും അപ്പം താനെന്താ ഇത്ര ചൂടാകുന്നത് ഇന്ന് തിരിച്ച് ചിലര് അവൻ വളരെ രസമാണ് തിരിച്ചു വനോടൊരു ചൂടായാലും ചൂട കാരണം എൻ്റെ തലച്ചോറിൽ അതിങ്ങനെ കെട്ടി നിൽക്കും അപ്പം ഇത് കോശത്തിലുണ്ടാകുന്നതിന് കാരണം നമ്മൾ ആരെയെങ്കിലും ഹിംസിച്ചാൽ ആദ്യം നമ്മൾ ഹിംസ അനുഭവിച്ചിട്ടാണ് ഹിംസിക്കുന്നത് ആദ്യം നമ്മുടെ ശബ്ദം നമ്മളാ കേൾക്കുന്നത് അതവിടെ രേഖപ്പെടുത്തും അതിൻ്റെ ഭാവതലങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവും എന്നിട്ട് മാത്രമേ വേറൊരുത്തനെ കേൾപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാവുന്നു അരുതെന്ന് പറഞ്ഞത് അങ്ങനെ കലങ്ങി ദുഃഖരൂപമായ സംസാരം കടന്ന് ദൃശ്യബോധം വെടിഞ്ഞ് ഭഗവത് സ്വരൂപം കണ്ടെത്തിയപ്പോൾ എല്ലാ സംസാര ബന്ധങ്ങളും അറ്റ് മുക്തനായി നിൽക്കുന്ന അവിടുന്ന് ചുറ്റിലും സർവത്ര വ്യക്ത തരുന്ന വിജ്ഞാനം അനുഭവിച്ച് ഞാൻ എൻ്റെ ശിരസ്സിനെ ആ പാദങ്ങളിൽ അർപ്പിച്ച് വണങ്ങുന്നു ഹേ ഭഗവാൻ അവിടുന്ന് തന്നെ പൂർണ്ണമായും അങ്ങയിൽ ചേർക്കേണമേൻ ചിത്തവൃത്തി നിരോധിച്ച് സമാധി അനുഭവം വരെ എത്തുമ്പോൾ തന്ത്രയോഗത്തിലും മറ്റും നാദാനുസന്ധാനത്തിൻ്റെ പദവി ഉണ്ടാവും ഗുരുദേവൻ എഴുതിയതുകൊണ്ടാണ് അതിലെ അകപ്പൊരു ഇങ്ങനെ ആയിരിക്കുമെന്ന് ഊഹിക്കുന്നത് ശൈവതന്ത്രാഗമങ്ങളെ നന്നായി ഉൾക്കൊണ്ടിട്ടുള്ള അഗസ്ത്യസമ്പ്രദായത്തിൻ്റെ ഒരു ആചാര്യൻ കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഭാരതത്തിൽ അന്യൂനമായി നിലനിന്ന ഒരു സമ്പ്രദായമായിരുന്നു അഗസ്ത്യസമ്പ്രദായം ഹംസയോഗത്തിൻ്റെ അതിൻ്റെ മിന്നലാട്ടങ്ങൾ ഗുരുദേവ സന്ദേശങ്ങളിൽ പലപ്പോഴും കാണാം എന്നാൽ പ്രകടമായി അവയെ വ്യാഖ്യാനിച്ചിട്ടുമില്ല ലോകം വഷളാക്കിയ സാധനങ്ങളൊന്നും ഗുരുദേവൻ സ്പർശിക്കാൻ ഒരുങ്ങിയിട്ടില്ല ഭഗവത്ഗീത ഗുരുദേവൻ സ്പർശിച്ചിട്ടില്ല എന്നാൽ ഭഗവത്ഗീതയ്ക്ക് ഗുരുദേവൻ പ്രൗഢമായൊരു വ്യാഖ്യാനം വളരെ മധുരോദാരമായി എഴുതിയിട്ടുമുണ്ട് അത് ഞാൻ അനുകമ്പ ദശകം ഇവിടെ എടുത്തപ്പോൾ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ അതുവരെ ഗീതയ്ക്കെഴുതിയ വ്യാഖ്യാനങ്ങൾ ഗുരുദേവന് സമ്മതമല്ല എന്നുള്ളതിൻ്റെ ഏക തെളിവ് അവരൊറ്റ പദമാണ് പരമാർത്ഥം ഒരിക്കലും യുദ്ധമുണ്ടാക്കില്ല പക്ഷേ നിങ്ങൾ ഗീത പഠിച്ചു പഠിച്ച് യുദ്ധത്തിനാക്കിയിരിക്കുന്നു അല്ല എന്ന് ഗുരുദേവന് പറയാൻ ഇഷ്ടമില്ല എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് പറ്റിയത് അതാണെങ്കിൽ ചുമന്നുകൊണ്ട് നടന്നോട്ടെ ഗുരുദേവൻ അതിനെ എതിർത്ത് അനുഭൂതി കളയാനും തയ്യാറല്ല പക്ഷെ വിവരമുള്ളവന് മനസ്സിലായാൻ ഒരു വാക്കിൽ പറ പരമാർത്ഥമുരച്ച് തയർവിടും പൊരുളോ അത്രയേ ഉള്ളൂ സാധനം വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല കൂടുതൽ പറയാതിരിക്കുന്നതാണല്ലോ വിവരമുള്ളവൻ കേൾക്കുമ്പം മനസ്സിലാകുന്നത് കൂടുതൽ പറയുന്നതെല്ലാം വിവരം കെട്ടവർക്കുള്ള വിവരക്കേടായിരിക്കുമല്ലോ ശരിയല്ല എല്ലാം കുറച്ച് പറഞ്ഞാൽ മതി കൃത്യമായിട്ട് പറയുകയും ചെയ്തു അതുപോലെ തന്ത്രാഗമങ്ങളോടും ഗുരുദേവൻ പുലർത്തിപ്പോന്ന സ്ഥലമുണ്ട് അതിലെ നാദാനുസന്ധാനത്തിൻ്റെ പര പശ്യന്തി മധ്യമ വൈഖരി എന്നിവയുടെ പൊരുളറിയും അപ്പോൾ യോഗിക്ക് ആരോ ഉപദേശിക്കുന്നത് കേൾക്കാം ഈ സംസാരസാഗരം വിട്ട് അക്കരെ എത്തിയാൽ ആരോ തന്നെ ഉപദേശിക്കുന്നതായി ബോധ്യപ്പെടും അതിനെ നേരത്തെ ചമൽക്കാരൻ എന്നൊക്കെ പറഞ്ഞേ പഴയകാലത്ത് സന്യാസവും കൊടുക്കുമ്പോൾ ഈ നിയമമുണ്ട് ഗുരുവിരജയൊക്കെ കഴിഞ്ഞാൽ ഉടനെ ശിഷ്യനോട് പറയും ഒരു ഭാരത പരിക്രമണം നടത്തി വരാൻ പറയും കുറഞ്ഞപക്ഷം ഭാരതം എന്നത് നർമ്മദെങ്കിലുമാണ് നർമ്മദയ്ക്ക് പരിക്രമണം നടത്തി വരാൻ പറയും നർമ്മദാ പരിക്രമണത്തിൽ ഒരിടത്തെത്തുമ്പോൾ ഈ അനുഭൂതി ഉണ്ടാവും പരയും പശ്യന്തിയും മധ്യമയും വൈഖരിയും ഒക്കെ തിരിച്ചറിയും അപ്പോൾ ഏതറിഞ്ഞാലെല്ലാം അറിയും ആ വിദ്യ അവന് കരഗതമാവും അങ്ങനൊരു ലോകമുണ്ട് അതൊക്കെ നമുക്ക് കേട്ടുകേൾവിയായി ഇപ്പോൾ പഠിച്ചാൽ മതി അതിന് പോകാൻ സമയമാകുമ്പോൾ നമ്മൾ ആരെയും കാത്തിരിക്കില്ല പോകും അങ്ങനൊരു ലോകമാണ് അത് തരിക ആ യോഗിക്ക് അനുഭവവേദ്യമാകുന്ന ആ ശബ്ദം അതിനെ ആചാര്യന്മാർ ദക്ഷിണാമൂർത്തി എന്നൊക്കെയാ സന സനകനും സനൽകുമാരനും സനന്ദനുമൊക്കെ അവിടെയാണ് പോയത് പാരമ്പര്യത്തിൻ്റെ ആദിപിതാക്കൾ അതിനെ ഭഗവാൻ ചൊരിയുന്ന സൂക്തിയെന്ന് ആ ദക്ഷിണാമൂർത്തി ഉപദേശിക്കുന്നതിന് സൂക്തി ഗുരുദേവൻ ഇവിടെ പറയുക ഞാൻ ഈ സംസാര സാഗരം സമർത്ഥമായി കിടന്ന് എത്തുമ്പോൾ അവിടെ എന്നെ കാത്തു നിൽക്കുന്ന ദക്ഷിണാമൂർത്തി രൂപനായ അല്ലയോ പരമഗുരു ആ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു എന്നെ അവിടുത്തെ പാദത്തിൽ ചേർക്കേണമേ എന്നെ നിരന്തരം ഉപദേശിക്കണമേ എന്ന് ആത്മോപദേശ ശതകത്തിൽ കണ്ട വീണു വണങ്ങി ഓതിടേണം എന്നതിൻ്റെ ഒരു തലമുള്ള അവിടുന്ന് അല്ലയോ ഈശ എൻ്റെ മുടിക്ക് ചൂടുന്ന ഈശനായ അവിടുന്ന് സൂക്തി കണ്ടു കണ്ട് അങ്ങയുടെ ആ സൂക്തിയെ കണ്ടിട്ട് അങ്ങയുടെ ഉപദേശത്തെ കണ്ടിട്ട് ഞാൻ ഇരന്നു നിൽക്കുകയാണ് അപേക്ഷിച്ചു നിൽക്കുകയാണ്